എന്താണ് പറയുന്നത് ബ്രഹ്മചര്യം കഴിഞ്ഞു ധർമ്മവിചാരം അത് കഴിഞ്ഞിട്ട് ബ്രഹ്മജിജ്ഞാസ ഇതിന് ഒരു അർത്ഥക്രമമില്ല പ്രയോജനവത്തായ ഒരു ക്രമം ഇതിനകത്തില്ല നേരത്തെ പറഞ്ഞുകൊണ്ടാണ് കാരണം ആർക്കാണോ വൈരാഗ്യമുള്ളത് ്രഹ്മന്യാസമാകാം വൈരാഗ്യം എന്ന് പറയുന്നതിന് ഗൃഹസ്ഥാശ്രമിയാകേണ്ട കാര്യം ഇല്ല ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ ഒരാൾക്ക് വൈരാഗ്യം ഉണ്ടാകാം അതെങ്ങനെ സംഭവിക്കും പൂർവജന്മത്തിൽ നിന്ന് ഇതൊക്കെ പറഞ്ഞ കാര്യമാണ് അപ്പോ ഇവിടെ ഒരു അങ്ങനെ ഒരു അർത്ഥക്രമവും പ്രയോജനം വെച്ചുള്ള ഒരു ക്രമം ഇല്ല അതിനൊരു ഉദാഹരണം കൊടുക്കുകയാണ് അഗ്നിഹോത്ര യവാഗു പാഗവത് ആണ് അത് വേദത്തിൽ പറയുന്നത് എന്താണ് അഗ്നിഹോത്രം ജുഹോതി യവാഗു പചതി വേദം പറയണം അഗ്നിഹോത്രം ജുഹോതി അഗ്നിഹോത്ര ഹവനം ചെയ്യണം പിന്നീട് പറയണെന്താണ് യവാഗു പാകം ചെയ്യണം െന്ന് പറയുന്നു ഇവിടെ ഈ പാഠം ഇതിനെ പാഠം അനുസരിച്ചാണെങ്കിലേ പാഠക്രമം ഇങ്ങനെയാണ് പാഠം എന്ന് വെച്ചാൽ ആദ്യം അഗ്രഹോത്ര ജോതി എന്ന് പാഠം പിന്നെ അത് കഴിഞ്ഞ് യവാകും പചതി യവാകു പാകം ചെയ്യണം യവകഞ്ഞിതാണ് യവാഹു പാകം ചെയ്യണമെന്ന് പറയുന്നു ഇതാണ് പാഠം ഈ പാഠമനുസരിച്ച് കർമ്മം ചെയ്യാൻ പറ്റില്ല ഇപ്പൊ കർമ്മം ചെയ്യുമ്പോൾ നോക്കുന്ന എന്താണ് ഈ പാഠം ഈ പറയുന്ന അനുസരിച്ച് പഠിച്ച് വേദത്തിൽ പഠിച്ചിരിക്കുന്നതനുസരിച്ച് കർമ്മം ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം അഗ്നിഹോത്രം ചെയ്യണം അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം യവാഗു പക്ഷെ യവാഗു ചെയ്യുന്ന അഗ്നിഹോത്രത്തിന് വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയിട്ടാണ് എന്തു ചെയ്യുന്നത് യവാഗു പാകം ഈ പാഠക്രമം അനുസരിച്ച് കർമ്മം ചെയ്യാൻ പറ്റില്ല ഭർത്താച്ച എന്ന് പറയുന്ന സൂത്രമുണ്ട് ജയമിനിയുടെ അപ്പോ ജയിന് പറഞ്ഞ് ഇങ്ങനെ ഉള്ളടത്ത് ഈ പാഠം ഇങ്ങനെ കിടക്കുകയാണെങ്കിലും കർമ്മം ചെയ്യുമ്പോ എന്ത് ചെയ്യണം പ്രയോജനം അനുസരിച്ച് ചെയ്യണം അപ്പൊ ആദ്യം എന്ത് ചെയ്യണം യബാഗു പാകം ആദ്യം ചെയ്യണം അത് കഴിഞ്ഞ് അഗ്നിഹോത്രം ചെയ്യണം അപ്പൊ അഗ്നിഹോത്രത്തിൽ യബാഗുവിനെ ഉപയോഗിക്കാം അപ്പൊ അവിടെ പാഠക്രമം അനുസരിച്ച് ആദ്യം വരുന്നത് അഗ്നിഹോത്രണെങ്കിലും പ്രയോജനക്രമം അനുസരിച്ച് പ്രയോജനം എന്ന് വെച്ചാ യവാകു അഗ്നിഹോത്രത്തിന് വേണ്ടിയുള്ളതായത് കൊണ്ട് ആദ്യം എന്ത് ചെയ്യണം യവാഗു പാകം ചെയ്യണം അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം അഗ്നിഹോത്രം ചെയ്യണം ഇത് മീമാംസ നേരത്തെ പറഞ്ഞ അനുസരിച്ച് എന്താണ് ഗ്രഹസ്ഥാശ്രമത്തിന് ശേഷം ബ്രഹ്മജിഞ്ഞ്സന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല പക്ഷെ പാഠക്രമം അനുസരിച്ച് ചെയ്യാം പാഠക്രമംന്ന് വെച്ചാൽ ഏതൊക്കെ പ്രത്യേകം പറയുന്നുണ്ട് ആദ്യം ബ്രഹ്മചാരി പിന്നെ ഗൃഹസ്ഥാശ്രമം പിന്നെ വനപ്രസം പിന്നെ സന്യാസം അപ്പം പാഠക്രമം അനുസരിച്ച് ചെയ്യണം ഓരോന്നായിട്ട് കഴിഞ്ഞു കഴിഞ്ഞു പോകും ബ്രഹ്മചാരിയും ം നാനപ്രസ്ഥം സം ഇതാണ് പറഞ്ഞത് യഥാസംഖ്യം പേര് ഇത് ക്രമം എന്ന് പറയുന്ന നിയമം അനുസരിച്ച് അതിന് ഉദാഹരണം പറയും പാഠക്രമം അനുസരിച്ച് വേണ്ടതിന് വേദം കൃത്വ വേദിം കരോതി ഇതാണ് പാഠക്രമത്തിന് ഉദാഹരണം പറഞ്ഞിരിക്ക വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ ചെയ്യണം വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർഭം ദർഭ മടക്കിക്കട്ടി ചൂലുപോലെ ചൂലുപോലെ മടക്കിക്കട്ടുക ചൂല് തന്നെ അപ്പം വേദം കൃത്തു അത് ആദ്യം ഉണ്ടാക്കണം ഉണ്ടാക്കിയിട്ട് വേദിങ് ദ അത് കഴിഞ്ഞാണെന്ത് ചെയ്യണം യാഗത്തിന്റെ വേദി തയ്യാറാക്കേണ്ടത് അപ്പൊ ആദ്യം കാരണം ഈ ചൂടുപോലെ കിട്ടുന്ന ദർഭം അവിടെ ഉപയോഗമുണ്ട് അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യണം പറഞ്ഞിരിക്കുന്ന ക്രമത്തിൽ തന്നെ ചെയ്യണം ആദ്യം എന്ത് ചെയ്യണം വേദം കൃത്വ ആദ്യം ദർഭമുഷ്ടി ഉണ്ടാക്കണം അത് കഴിഞ്ഞ് വേദിയും കരുത് പിന്നെ വേദി തയ്യാറാകാം അപ്പൊ പാഠം ഇങ്ങനെ അതുപോലെ തന്നെ ചെയ്യണം പാഠക്രമം അനുസരിച്ച് ചെയ്യണം അപ്പോ ചില സ്ഥലങ്ങളിൽ അർത്ഥക്രമം അനുസരിച്ച് ചെയ്യണം ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ചെയ്യണം പാഠക്രമം അനുസരിച്ച് ചെയ്യണം യവാകൂ പാകം എന്ന് പറയുന്നത് അർത്ഥക്രമം അനുസരിച്ച് ചെയ്യണം ഇതിനാണ് ക്രമം എന്ന് പറയുന്നത് അടുത്ത സംഗ്രഹത്തിൽ ക്രമവും നാമ പൗർവാപരിയം പൂർവാപര ക്രമത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് ക്രമം എന്ന് പറയുന്നത് അപ്പൊ വേദത്തിൽ എങ്ങനെ പഠിച്ചിരുന്നാലും ശരി ചെയ്യേണ്ടത് എന്ത് ചെയ്യണം ക്രമം അനുസരിച്ച് ചെയ്യണം അതൊക്കെ പൂർവ്വീമാംസിൽ എന്നുള്ളതെല്ലാം എല്ലായിടത്തും പ്രയോഗിക്കേണ്ട നിയമങ്ങളാണ് നമ്മൾ ഏത് കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോഴും എന്തു ചെയ്യണം അതിൻ്റെ ക്രമം അനുസരിക്കും ചിലപ്പോൾ അത് അനുസരിച്ച് ക്രമം തീരുമാനിക്കേണ്ടി ചിലപ്പോൾ എങ്ങനെ പറഞ്ഞിരിക്കുന്നോ അതനുസരിച്ച് വേദം കൃത്വ വേദിം കരോതി എന്ന് പറയുന്നിടത്ത് എങ്ങനെ പറഞ്ഞോ അതുപോലെ ചെയ്യണം മനസ്സിലായോ പറഞ്ഞതുപോലെ ചെയ്യണം മറ്റാണെങ്കിലോ പ്രയോജനം നോക്കണം പറഞ്ഞതുപോലെ ചെയ്തിട്ട് കാര്യമുണ്ട് ആദ്യം യവാഹുപയോഗം ചെയ്യണം അവിടെ അർത്ഥക്രമം അങ്ങോട്ട് പറയുന്നു അർത്ഥ പാഠസ്ഥാന മുഖ്യ ക്രമങ്ങളെ കുറിച്ച് അർത്ഥസംഗ്രഹത്തിൽ പറയും ശ്രുതി അർത്ഥസ്ഥാന പാഠമുഖ്യപ്രവൃത്തി അങ്ങനെ ആറ് ക്രമുണ്ട് ാണ് ഇവിടെ അതിൻറെ ഒന്നും വിശദീകരിച്ച് ഇവിടെ അത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് രണ്ടും മനസ്സിലാക്കി മതി പാഠക്രമം എന്ന് വെച്ചാൽ ഇതാണ് വേദം കരു അർത്ഥക്രമം എന്ന് വെച്ച അഗ്നിഹോത്രം ജുഹോതി യവാം പരി അവിടെ പറഞ്ഞതിന് നേരെ വിപരീതമായി ചെയ്യണം ആദ്യം അഗ്നിഹോത്രം അല്ല ചെയ്യേണ്ടത് ആദ്യം എവാഹുഭാഗം പിന്നെ അഗ്രഹോത്രം ആ സ്വയം പറഞ്ഞ രീതിയിൽ ചെയ്യണം ആദ്യം ദർഭമുഷ്ടി കെട്ടിയുണ്ടാകണം അത് കഴിഞ്ഞ് വേരി അപ്പൊ ഇവിടെ അർത്ഥക്രമം ശരിയാവില്ല കാരണം ഗൃഹസ്ഥാശ്രമി ആയതിനു ശേഷം സന്യാസം അത് ശരിയാകും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല പാഠക്രമം അതാണ് ഇവിടെ പറയുന്നത് മാബോധം അഗ്നിഹോത്ര വാഗുപാത പാത ആർത്ഥക്രമം അർത്ഥ സംബന്ധിയായിട്ടുള്ള പ്രയോജന സംബന്ധിയായിട്ടുള്ള ക്രമം മാബോധം എന്ന് വെച്ചാൽ ഇവിടെ വേണ്ട അത് സ്വീകരിക്കണ്ട അത് പൂർവവിമാംസ്ഥി എന്താണ് പറഞ്ഞ കാര്യങ്ങളാണ് ശ്രോതസ്തു ഭവിഷ്യതീ പക്ഷേ ശ്രോതക്രമം എന്നിട്ട് പാഠ ശ്രുതിയിൽ എങ്ങനെ പറഞ്ഞിരിക്കുന്നു അതനുസരിച്ചുള്ള ക്രമം അതിന് ഉദാഹരണം പറഞ്ഞാണ് നേരത്തെ വേദം കൃത്വ വേദിംഗരോധി ഇവിടുത്തെ ഉദാഹരണം പറയുന്നു ഗ്രഹീഭൂത്വ ഇത് ജാപാനോപനിഷത്തിൽ ജ്യാലസുർ ഗാർഹസ്ഥ്യനഹി യജ്ഞാദ്യ അനുഷ്ഠാനം അപ്പം ഗർഭസ്ഥ്യം എന്നൂടെ പറഞ്ഞു ഗർഭസ്ഥ്യംന്ന് വെച്ചാൽ യജ്ഞാതി അനുഷ്ഠാനം അവിടെയാണ് അപ്പം അവിടെ വിചാരം വരും അപ്പം ധർമ്മവിചാരത്തിന് ശേഷമാണ് എന്ത് വരുന്നത് ബ്രഹ്മ വിചാര ക്രമനുസരിച്ച് സ്മരന്തിച എന്നുവെച്ചാൽ സ്മൃതിയും പറയുന്നുണ്ട് മനുസ്മൃതിയാണ് എന്താണ് അധീത്യ വിധി വിധാന് പുത്രാംശം ഉത്പാദ്യ മനോമോ നിവേശയെ അധീത്യവിധി വത് വിധിപ്രകാരം ചെയ്യുന്നു വേദം അങ്ങനെ അധ്യയനം ചെയ്താ പോലെ വിധിയനുസരിച്ച് അധ്യയന ചെയ്തു അപ്പൊ വിധിയനുസരിച്ച് ചെയ്യാന്ന് പറഞ്ഞാ എന്താണ് വേദ അധ്യയനത്തിന് ഒരുപാട് വിധികൾ ഉണ്ടോന്നു അതാതി ശാഖകളിലുള്ള വേദ അധ്യയനം ചെയ്യും മറ്റൊന്ന് അധികാരിയായിട്ടുള്ളവൻ അവനെന്താ അധികാരമുള്ള അത് അധ്യയനം ചെയ്യണം ബ്രാഹ്മണ ക്ഷത്രിയൻ വയസ്സ് പിന്നെ അത് മറ്റൊന്ന് വേദാധ്യയനം എന്ന് പറയുന്നതാണ് പിന്നെ ഉപനയനം തുടങ്ങി വേദാധ്യയനത്തിന് എങ്ങനെ പോയിരിക്കണം എങ്ങനെ ചൊല്ലണം അത് എങ്ങനെ അത് പൂർത്തിയാകണം പിന്നെ സമാവർത്തനം എങ്ങനെ ചെയ്യുന്നതിനും മുഴുവൻ വിധികളുണ്ട് ഈ വിധികളെല്ലാം അതാതി ജാതിക്കനുസരിച്ച് വേണം വേദാധ്യയനം ചെയ്യാനെന്നാണ് ഈ വൈദികന്മാരുടെ അഭിപ്രായം എന്ന് വെച്ചാൽ ബ്രാഹ്മണ ക്ഷേത്രം വഹിച്ചിട്ട് അഭിപ്രായം ചെയ്യും പിന്നെ എന്താണോ വേദങ്ങളെല്ലാം അധ്യയനം ചെയ്തിട്ടെന്ന് എവിടെ എഴുതി വെച്ചിരിക്കുന്നു അതിഥി സഹലോ വേദം ശ്രീരാം ശ്രീനാരായണ ധർമ്മത്തിൽ അതെങ്ങനെ ശെരിയാവും മനുസ്മൃതിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ തന്നെ അതിവത് അതൊക്കെ എഴുതി വെച്ചിട്ട് അതൊക്കെ അതിന്റെ നൂറാം വാർഷാ ആഘോഷിക്കുന്നതിന് ഒന്നും ശരിയാവത്തില്ല എല്ലാം പിന്നെ എന്താണ് അവരെ തന്നെ നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അനധികാരി പ്രയോജനം ഇല്ല വേദാധ്യയനം ചെയ്യുന്നതിന്റെ പുണ്യവും കിട്ടത്തില്ല വേദാധ്യയനു വേണ്ടിയിട്ട് കൃഷി എണ്ണം അത് കിട്ടാൻ വേണ്ടിട്ടാണ് അപ്പൊ ആ ഇരണം അധികാരിയല്ലാത്ത ചെയ്തെങ്കിലും എണ്ണം അതെങ്ങനെയാ അതിനു പറഞ്ഞിരിക്കുന്ന ആ ശാസ്ത്രങ്ങളുടെ നിയമങ്ങൾ അനുസരിച്ചാണെങ്കിൽ പറയുന്നതിനൊന്നും ഒരർത്ഥം അത് ചെയ്തിട്ട് കാര്യമില്ല പിന്നെ യശുപതിൽ അപ്പൊ ഈശൂദ്രന്മാർക്കൊക്കെ ഈ ആത്മവിദ്യ ബ്രഹ്മവിദ്യ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാമോ ബ്രഹ്മവിദ്യ ഒക്കെ ഉണ്ടല്ലോ ഇതെങ്ങനെ ശരിയാവും വേദം തന്നെ അദ്ദേഹം ചെയ്യാൻ അധികാരമില്ല പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുമില്ല വേദാർത്ഥ പിന്നെ ഇങ്ങനെ ബ്രഹ്മവിദ്യാലയത്തിൽ ഇതൊക്കെ പഠിക്കും അപ്പോ ഇത്രയുള്ളൂ എന്താണ് അതിനെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളെയും പൂർണമായി തള്ളിക്കളഞ്ഞിട്ട് ചട്ടമ്പിസ്വാമി പറഞ്ഞാണ് മനുഷ്യന് ഭക്ഷണത്തെക്കാൾ പ്രധാനമുള്ളതാണ് എന്ത് അറിവ് റിവ് ഏതറിവ് നേടുന്നതിനും മനുഷ്യന് അവകാശമുണ്ട് അപ്പോ അവിടെ എന്തിനു തള്ളിക്കളയണം വിധിബദ്ധം എന്നുള്ളതിനെ തള്ളിക്കളയണം അപ്പൊ ഈ അറിവിന്റെ കാര്യത്തിൽ വിധി എന്ന് പറഞ്ഞുണ്ടാക്കി വെച്ചല്ലോ പണ്ട് ഈ വിധി നിഷേധങ്ങളെ പൂർണമായും തള്ളിക്കളഞ്ഞിട്ട് മനുഷ്യൻ ആകുമ്പോൾ മനുഷ്യന് അറിവിനുള്ള അവകാശമുണ്ട് അത് വേറെ ആരും കൊടുക്കുന്നതല്ല അതവൻ അവന് ായി ജനിച്ചോണ്ട് തന്നെ കിട്ടിയിട്ടുള്ള അവകാശമാണ് ആ അവകാശം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം അതിന് സാധ്യമായ ഏതറിവും നേടാം വേദത്തിന് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അത് അതിന് വിധിയുടെ ആവശ്യമില്ല അപ്പൊ അവിടെ നിഷേധിക്കേണ്ട ഏത് കാര്യത്തെയാണ് വിധിപത്തെന്ന് പറഞ്ഞാൽ നിഷേധിക്കേണ്ടത് ഈ വിധിപത്തം എന്ന് പറഞ്ഞിട്ടാണ് ഇത് ബാക്കിയുള്ളവർക്കൊക്കെ നിഷേധിക്കുന്ന അറിവുകൾ ഏതറിവായാലും ശരി വേദത്തിന്റെ അറിവുകൊണ്ട് ഗുണമുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം പോട്ടെ അത് ഗുണമുണ്ടെന്ന് പറയും ചെല്ലും പറയും ഗുണമില്ലെന്ന് പറയും എന്തോ ആയിക്കോളെ അതിനകത്തൊരു അറിവുണ്ടോ ആ അറിവ് സ്വീകരിക്കുന്ന തീ പറയുന്നത് എന്താണോ വിധി ബത്തന്നുള്ളതിനെ പറയുന്നു കാരണം ഈ വിധി എന്ന് പറയുന്നത് എന്താണ് കുറച്ചുപേർക്ക് അറിവ് നേടാനും കുറച്ചുപേർക്ക് അത് നിഷേധിക്കാനും വേണ്ടി ഉണ്ടാക്കിയാണ് അതുകൊണ്ട് ആ വിധിയെ എന്താണ് ഒരാള് അംഗീകരിക്കേണ്ട യാതൊരു കാര്യവുമില്ല ആ വിധിയെ തന്നെ തള്ളിക്കളയാണ് കാരണം അത് സ്വാർത്ഥത കൊണ്ടുണ്ടാക്കിയതാണ് മറ്റുള്ളവർക്ക് അവകാശങ്ങളെ നിഷേധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയാണ് അപ്പം അങ്ങനെ അവകാശങ്ങളെ നിഷേധിച്ച് അത് പിടിച്ചു വാങ്ങണം ആർക്കും നിഷേധിക്കാൻ പാടില്ല അവകാശങ്ങൾക്ക് വേണ്ടി യാചിക്കുകയല്ല ചെയ്യേണ്ട അവകാശങ്ങൾ എന്ത് ചെയ്യണം സ്വയം ഏറ്റെടുക്കണം അപ്പൊ വിധിവത് എന്നുള്ളത് മാറ്റിക്കഴിഞ്ഞ വേദാധ്യയനം ചെയ്യുക എന്ന് പറയുന്നത് അപ്പൊ വിധിവതില്ലെങ്കിൽ പഴയകാലത്ത് എന്താ പറഞ്ഞത് വേദം ഗുരു ചൊല്ലിത്തരുന്നത് ശിഷ്യൻ കേട്ടു ചൊല്ലണം ഉപനയനം ചെയ്യണം ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല കാരണം ഇപ്പൊ പുസ്തകങ്ങളിൽ പ്രിന്റ് ചെയ്തുകൊണ്ട് അർത്ഥം എഴുതി വെച്ചിട്ടുണ്ട് വായിച്ച് മനസ്സിലാക്കിയാൽ മതി വായിച്ചതാ മനസ്സിലായെങ്കിൽ അല്ലെങ്കിൽ സ്കൂളിൽ പോയിരുന്നു പഠിച്ചാൽ മതി മനസിലായോ അതുകൊണ്ട് ഈ വിധിബദ്ധമെന്നുള്ള ഒരു ഭാഗത്തെ മാറ്റി കഴിഞ്ഞാൽ ഈ അറിവിന് എല്ലാവർക്കും അവകാശമുണ്ട് ഏതനു പിന്നെ വേദത്തിൽ കഴമ്പൊന്നും ഇല്ല എന്നാണ് അറിവില് അവർ പഠിക്കണ്ട വേദത്തിൽ എന്തെങ്കിലും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് പഠിക്കാം അതുകൊണ്ട് ഈ വിധി എന്ന് പറയുന്ന ഭാഗത്ത് എന്തു ചെയ്യണം തള്ളിക്കളയാണ് അത് അംഗീകരിക്കാനേ പാടില്ല ഏഹ് അതാണല്ലോ ഈ പറയുന്നത് ഇവിടെ ഏത് ഇവിടെ ഇവിടെ പറയുന്നില്ല വിധിവത് അതീത്യാ വിധിവത് അതിഥ്യാന്നുകൂടെ എഴുവിച്ചിരിക്കണമെന്ന് ഇത് മനു പറയുന്ന വിധിവനു പറയാണ് നിങ്ങൾ വിധിപ്രകാരം അധ്യയനം ചെയ്തോന്ന് പറഞ്ഞാൽ എന്തുവരും ബ്രാഹ്മണൻ ക്ഷത്രിയം വഹിച്ചത് മൂന്ന് പേർക്കേ വേദം പഠിക്കാൻ പറ്റും ബാക്കി ആർക്കും ഇത് പഠിക്കാൻ പറ്റത്തില്ല വിധിവത് എന്നുള്ളത് ആരുണ്ടാക്കി മനുവിനെ പോലെയുള്ള സ്വാർത്ഥന്മാര് മനുഷ്യദ്രോഹികൾ മനുവിൽ നിന്ന് മനുഷ്യഗുല ഉണ്ടായിന്നൊക്കെ പറയുന്നു ഇതൊക്കെ എന്താണ് ഏറ്റവും വലിയ മനുഷ്യദ്രോഹിയാണ് അവര് ഈ മനു എന്ന് പറയുന്നത് മലയാളത്തിൽ ഡിക്ഷണറിയിൽ ഉള്ള പദങ്ങൾ വച്ചറിയാൻ ഇയാളെ പറഞ്ഞാ പോരാ പക്ഷെ ഞാൻ പറയുന്നു ഏറ്റവും വലിയ മനുഷ്യദ്രോഹിയാണ് അവര് മനു അയാളെ ഈ വിധി ഇങ്ങോട്ട് പറയുന്നു ഇന്ന ഇന്ന വിധിയനുസരിച്ച് ചെയ്യാവുന്ന പറയുന്നു അതുകൊണ്ടാണ് അയാൾ എഴുതി വെച്ച ഒന്നും എടുക്കരുതെന്ന് പറയുന്നു ഇത്രയും വലിയൊരു മനുഷ്യദ്രോഹി എന്ന് പറയുന്നയാൾ ഉണ്ടായിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം ഹിറ്റ്ലറെക്കാളും മോശമാണ് ഹിറ്റ്ലർ പിന്നും ഇതുണ്ട് ഹിറ്റ്ലറെക്കാളും മോശമായ കാര്യങ്ങളാണെന്ത് മനുഷ്യ ഞാനത്തിങ്ങനെ പറഞ്ഞ് എന്റെ കുന്നിലെന്നേ ഉള്ളൂ ഹിറ്റ്ലറെക്കാളും മോശമാണ് മനു എന്നും ഉൾക്കൊള്ളാമയ്യാത്തവരുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂതകാലത്തെ വൈറ്റ് വാഷ് ചെയ്യുന്നവര് വെള്ളയടിക്കുന്ന ആൾക്കാരുണ്ട് അവര് പറയുന്ന ഇതൊക്കെ എന്തിനാ പറയുന്നതെന്ന് ചോദിക്കും ഇരുണ്ട ഭൂതകാലം ഉണ്ടല്ലോ അതിനെ വൈറ്റ് വാഷ് ചെയ്ത് വെളുപ്പിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരോട് ഇതൊക്കെ പറഞ്ഞു പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു തല്ലിപ്പൊഴുന്ന ആൾക്കാരുണ്ട് ഇന്നും വിശേഷിച്ച് ഇന്നത്തെ എന്താണ് ഭരണകൂടം അതിനെ പിന്തുണയുന്നവർ വരെ ഈ ഭൂതകാലത്തെ വയറ്റുപാഷെയ്യുന്നവരാണ് അവർക്കാണ് ബലം അവർക്കാണ് ശക്തി അവരടുത്ത് മനോ ദുഷ്ടനാണെന്ന് പറഞ്ഞാൽ അവരൊരിക്കലും അംഗീകരിക്കില്ല മനോവാദികൾ മനോ മഹാ ദുഷ്ടനാണ് ഒരു സംശയം അതുകൊണ്ടാണ് അംബേദ്കറെ ഇതിനെ കത്തിച്ചറിഞ്ഞത് ഒരു മനുഷ്യത്വം ഇല്ലാത്തവനാണ് ക്രൂരനാണ് മനുഷ്യന്റെ അറിവിനൊന്ന് ശരി ഇവര് കശാപ്പുകാരെക്കാളും കഷ്ടമെന്നാണ് ചേട്ടൻ സമയം ജയിച്ചത് കശാപ്പുകാരെക്കാളും മോശമാണ് അപ്പോ അതുകൊണ്ട് യാതൊരു സോഫ്റ്റ് കോർണറും മനുവിനെ പോലുള്ളവരുടെ അടുത്ത് പാടില്ല അവരെ ശക്തമായി തന്നെ അവരെ തടികളയു അവര് ക്രൂരന്മാരും ദുഷ്ടന്മാരും തന്നെ ലോകത്തോട് അങ്ങനെ തന്നെ പറയുന്നു അത് മയപ്പെടുത്തിയേ ശരിയാവില്ല സോഫ്റ്റ് ഭാഷയിൽ പറയാൻ പാടില്ല എന്തുകൊണ്ട് മനുഷ്യന് അറിവിനെ അവര് അന്നത്തെ അറിവ് ഇന്നതുകൊണ്ട് ഉപയോഗം ഇല്ലായിരിക്കും പക്ഷെ അന്നതുകൊണ്ട് ഉപയോഗം ഉണ്ടായിരുന്നു അത് നിഷേധിച്ചു അപ്പൊ അതും നിഷേധിച്ചു കഴിഞ്ഞാൽ ആർക്കും എന്തും പഠിക്കുക ഇന്നെങ്ങനെയാണല്ലോ ആർക്കും എന്തും പഠിക്കാമല്ലോ അതിനുള്ള ഈ ഒരു യോഗ്യത വേണം ചിലപ്പോൾ കാശും വേണ്ടിവരും ഇതൊക്കെ ഉണ്ടെങ്കിൽ പഠിക്കാം പിന്നെ നല്ല ബുദ്ധിയും കഴിവും സാമർഥ്യവും ഉണ്ടെങ്കിൽ കാശില്ലെങ്കിലും പഠിക്കുന്ന കാര്യം ഇത്രയും ശേഷിയുണ്ട് പണ്ട് എത്ര ശേഷിയുണ്ടെങ്കിലും കാശുണ്ടെങ്കിലും ശരി പഠിക്കാൻ പറ്റില്ല പഠിക്കണമെങ്കിൽ എന്തുവേണം വിധി വീ തള്ളിക്കളയുന്നു ഒരു വിധിയും വേണ്ടിയാണ് കൊറേ ശ്രുതിയിലും ഉണ്ട് കൊറേ സ്മൃതിയിലും ഉണ്ട് ഇതെല്ലാം കണക്കി എല്ലായിടത്തും ഉണ്ട് കൊഴപ്പം എന്താ ശ്രുതി നല്ലതാണ് സ്മൃതി മോശമാണെന്നുള്ളതല്ല ഇനി നല്ലത് നോക്കിയണെങ്കിൽ നമുക്ക് ശ്രുതിയിലും നല്ല കിട്ടും സ്മൃതിയിലും നല്ലത് കിട്ടും അല്ല നല്ലതില്ല എന്നല്ല പറയുന്നു പക്ഷെ നല്ലതുണ്ടെങ്കിലും എന്താണ് ദോഷമാണ് കൂടുതൽ ദോഷമാണ് കൂടുതൽ അപ്പോ പാരാണ് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പക്ഷെ പല്ലി കത്ത് കടന്നു കഴിഞ്ഞാൽ നോക്കു കുടിക്കാൻ തോന്നും പറ്റുമോ അപ്പൊ ഇതിന് നല്ലതുണ്ട് പക്ഷെ അതിനകത്ത് എന്തുണ്ട് പല്ലി പല്ലി ചത്തുകിടക്ക അതാണ് അവസ്ഥ അപ്പൊ പല്ലി ചത്തുകിടക്കുന്ന പാലാണ് അത് കണ്ടാ കുടിക്കാൻ മനസ് വരത്തില്ല അതിന് കടന്നു നഴുകിയാലോ കുടിച്ചുകഴിഞ്ഞാൽ പിന്നെ ആൾക്കാരൊന്നും കുടിക്കുന്ന അറിയാതെ മനസിലേ ടാങ്കില് എലി ചെത്തുകിടുന്ന വെള്ളം ഞാൻ കുടിച്ചിട്ടുണ്ട് അറിഞ്ഞിട്ടില്ല പല്ലി ചത്തുകിടന്ന വെള്ളം കുടിച്ചിട്ടു അറിഞ്ഞിട്ടില്ല അതൊക്കെ മണിയാലൊക്കെ കുടിക്കും അറിയാതെ അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ കുടിക്കും സാറിന് ടാങ്കില് വെള്ളം പിടിച്ചു വയ്ക്കുന്നിടത്തേ ചിലപ്പോൾ എലിയാടും അതിന്റെ നാറ്റം വന്മാണ് പിന്നെ കിടയും ചെയ്യുന്നത് അതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാ ഇതിനെയൊക്കെ യാതൊരു ദൈവവുമില്ലാതെ പാടെ നിഷേധിക്കും അതുകൊണ്ട് വിധിപത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനങ് തള്ളിക്കണയു എന്നിട്ട് അധികാരം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഉണ്ട് പിന്നെ ഇതൊക്കെ നേടുന്ന ഓരോരുടെ യോഗ്യത അനുസരിച്ച് പറ്റും കപ്പാസിറ്റി അവനവന്റെ കാലിപറകനുസരിച്ച് എന്തോ ഇതൊക്കെ അറിവൊക്കെ നേടാൻ മറ്റുള്ള അംഗീകരിച്ച പ്രശ്നമൊന്നുമില്ല ആർക്കും പരാതിയില്ലല്ലോ അപ്പോ എന്താ പറയുന്നത് അധീത്യവിധിവേദാണ് വേദമൊക്കെ അങ്ങനെ പഠിച്ചിട്ട് പുത്രാംശ ഉത്പാദ്യ ധർമ്മത ധർമ്മം അനുസരിച്ച് പുത്രന്മാരെ ഉത്പാദിപ്പിക്കണമെന്ന് വെച്ചാൽ വിവാഹം പോലുള്ള കാര്യങ്ങൾ അതിന്റെ നിയമങ്ങളൊക്കെ അനുസരിച്ച് മനു പറഞ്ഞിരിക്കുന്നതാണ് അതും ഈ ധർമ്മം എന്ന് പറയുമ്പോഴും എന്താ ധർമ്മം എന്താണ് ധർമ്മം ആ വർണ്ണാശമധർമ്മാണ് ധർമ്മം അനുസരിച്ച് പുത്ര പുത്രന്മാരെ ഉണ്ടാക്കാന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണ് ബ്രാഹ്മണന് സ്വന്തം ജാതിയിലും അന്യജാതിയിലൊക്കെ പുത്രന്മാരെ ഉണ്ടാക്കാം എങ്ങനെ ഉണ്ടാക്കിയാലും എന്താണത് ധർമ്മമാണ് എല്ലാ ധർമ്മമാണ് അതിനൊക്കെ വകപ്പഴുതി എല്ലാ സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട് സനാതനധർമ്മവും മറ്റുള്ളവന്റെ ഭാര്യയിലും പുത്രന്മാരെ ഉണ്ടാക്കാം സ്വന്തം ഭാര്യയിലും പുത്രന്മാരെ ഈ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവമാണെന്ന് ധരിക്കരുത് മനസ്സിലാ അതുകൊണ്ടാണ് ഗുരു ആ ധർമ്മത്തിനൊരു മാറ്റം വരിച്ചു ആ പഴയ ധർമ്മം പോയിട്ട് ധർമ്മം എന്നുള്ള പദത്തിനോട് വിരോധം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ധർമ്മത്തിൽ ഒരു നല്ല ആശയം കൊണ്ട് പദമുണ്ടായതുകൊണ്ട് അതിനു വേണ്ടിട്ടാണ് ഗുരു ധർമ്മത്തെ കുറിച്ച് പറഞ്ഞത് പക്ഷെ അതിന്റെ കുത്തി കേറ്റി എന്താണോ എന്താണ് കുത്തി കേറ്റിയത് മനുസ്മൃതി എന്താണ് കൊറച്ചൊക്കെ കൊടുത്തിട്ടു മൊത്തമില്ല ആദ്യ ആദ്യത്തെ വ്യാഖ്യാനം വന്നിപ്പം ഇതിന്റെ വ്യാഖ്യാനത്തോടുകൂടി ധർമ്മത്തി കൊടുത്തിരുന്നു കുറച്ച് ഭാഗം അ ഞാൻ കണ്ടിരുന്നു അപ്പോ ധർമ്മമെന്ന് പറയുന്ന ഗുരു ഉപയോഗിച്ചത് എപ്പോഴും ഉപയോഗിക്കുമല്ലോ അപ്പോൾ ധർമ്മമെന്ന് പറയുന്നത് ഇത്രയും മോശമായൊരർത്ഥത്തിൽ പ്രചരിച്ചു പോയതുകൊണ്ട് അതൊരു നല്ല അർത്ഥത്തിൽ വരട്ടെന്ന് കരുതിയാണ് ആ പദം വിടാൻ പറ്റില്ലല്ലോ വലിയ പ്രചാരമുണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞത് പക്ഷെ ഇന്നും എന്താണ് ഈ എന്താണ് പഴയകാലത്തെ ആ ധർമ്മത്തിലുള്ള തെറ്റുകൾ തിരുത്താനല്ല ശ്രമിക്കുന്നത് അതിന് ഈ പറഞ്ഞപോലെ വെള്ളപൂശാനാണ് ശ്രമിക്കുന്നത് വൈറ്റ് വാഷ് ചെയ്യാനാണ് ഇന്നത്തെ നിങ്ങളെപ്പോലെയുള്ള സൂദ്രസ്വാമിമാര് എന്ന് പറയേണ്ടി വരും ആത്മീയമായ അർത്ഥമൊക്കെ കൊടുത്ത് ധർമ്മം എന്ന് പറഞ്ഞാൽ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം വെള്ളപൂഴിച്ചുകയാണ് എങ്ങനെ അല്ലല്ല ബോധപൂർവം അറിഞ്ഞുകൊണ്ട് എന്താണ് അത് പൊളിറ്റിക്സ് അത് പൊളിറ്റിക്സ് ആണ് ശരി പൊളിറ്റിക്സ് ബോധപൂർവം ചെലവ് അറിയില്ല ധർമ്മം എന്ന് പറയാം പക്ഷെ ഗുരു പറഞ്ഞിട്ടുള്ളൊ ഗുരു പറഞ്ഞാ അത് അയാൾ എഴുതി വെച്ചാണ് സേവിയഴി വെച്ചാൽ എന്താ ഗുരുവിന്റെ കാഴ്ചപ്പാടിലിപ്പോൾ സനാതനധർമ്മം എന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല സനാതനധർമ്മം എന്ന് വെച്ചാൽ ശാശ്വതമായ ചില മൂല്യങ്ങൾ മൂല്യങ്ങളാണ് പക്ഷെ അത് ഈ പറയുന്ന സത്യം നീതി സാഹോദര്യം ഇതിനെയാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇതിനേ സനാതനമെന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് പഴയകാലത്ത് ഇതല്ലേ ഈ വാക്കുകളെ ഉള്ളു മനസ്സിലായോ അപ്പൊ പിന്നെ ഇതിന് സനാതനം എന്നങ്ങനെ പറയും സത്യമുള്ളവരിതൊക്കെ എഴുതി വെക്കും എഴുതും സത്യമുള്ളവരാണ് നീതി ഉള്ളവരാൾ മനുസ്മൃതി എഴുതും സഹോദരി ഉള്ള ആള് മനസ്മൃതി എഴുതും അപ്പൊ അന്ന് എവിടെയാ ഈ പറയുന്ന മൂല്യങ്ങൾ മൂല്യങ്ങളൊക്കെ ആധുനികമാണ് സനാതനം പിന്നെ വേണമെങ്കിൽ ആണയിടാൻ വേണ്ടി പറയാം ലോക സമസ്ത ം ഇങ്ങനെയൊക്കെ ചില വാക്യങ്ങൾ പറയാന്നുള്ളതല്ലാതെ ഒരിക്കലും ഇതൊന്നും പ്രായോഗികമായിട്ട് സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ വേണ്ടാ ഇനങ്ങളും നിലനിന്നിരുന്ന കാലത്ത് തന്നെ ചില മനുഷ്യർ മാറി ചിന്തിച്ചിട്ടുണ്ട് ചില മനുഷ്യര് ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ മോശമാണല്ലോന്ന് കണ്ടിട്ട് അവര് മാറി ചിന്തിച്ചിട്ട് അവര് പറഞ്ഞു ഇത് ശരിയല്ല പിന്നെ എന്തുവേണോ വസുദൈവ കുടുംബകം ചില വ്യക്തികളുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചാണ് കുറച്ചുപേര് സൂചിക്കുന്നതും കുറച്ചുപേർ കഷ്ടപ്പെടുന്നതും കണ്ടപ്പോ ചില ആൾക്കാർ പറഞ്ഞു ലോകാസമസ്ത അത് നിലനിന്ന മൂല്യങ്ങളെ കുറിച്ചല്ല പറയുന്നു അതൊക്കെ മനുഷ്യന്റെ അന്നത്തെ ഫാൻസി ഐഡിയാസ് ഒന്നും മനസ്സിലായത് അന്ന് അവരെ സംബന്ധിച്ച് വളരെ നല്ല ആശയങ്ങളാണ് മൂല്യങ്ങൾ എപ്പോഴും ആധുനികമാണ് പഴയ കാലത്ത് ഇത് ചില സങ്കല്പങ്ങളായി നിന്നേ ഉള്ളൂ കാരണം പഴയ നമ്മളെ ആ ചരിത്രം പരിചരിച്ചാൽ അവിടെ ഒരിടത്തും ഈ വിവേചനങ്ങളല്ലാതെ സമത്വം എന്ന് പറയുന്ന കാണാനില്ല ഒരു സ്ഥലത്തും അല്ല വേദത്തിൽ പോലും ഇല്ല ഞാൻ പറയില്ലേ എന്താണ് ബെറുതാന അജാത ശത്രു എന്ന് പറയുന്ന ക്ഷത്രിയന്റെ അടുത്ത് ബ്രാഹ്മണൻ വിദ്യ പഠിക്കഴിഞ്ഞാൽ ഇപ്പൊ അജാതശത്രുന്ന് പറയുന്ന സാറിന് ഇങ്ങനെല്ലോ അജാതശത്രു പറയണം ബ്രാഹ്മണന്ടെ അടുത്താണല്ലോ എല്ലാരും പഠിക്കാൻ പോകുന്നത് ക്ഷത്രിയന്റെ അടുത്താരും പഠിക്കാൻ ചെല്ലാറില്ല മനസിലായ അപ്പൊ അന്ന് എന്താണ് തലതിരിഞ്ഞടൊക്കെയാണ് അജാത ശത്രു തന്നെ ഇതിപ്പോ നേരെ വിപരീതമായി ഒന്നല്ല പറയുന്ന ബ്രാഹ്മണന്റെ അടുത്താണ് എല്ലാവരും വിദ്യ പഠിക്കാൻ പോകുന്നത് ഇപ്പം നിങ്ങളെങ്ങനെ ക്ഷത്രിയന്റെ അടുത്ത് വന്നു എന്ന് ചോദിക്കും എന്നാ അതേ മനുഷ്യന്നെയുണ്ട് ക്ഷത്രിയനായ ജനകന്റെ അടുത്ത് വിദ്യ പഠിക്കാൻ പോകുന്ന ഇപ്പൊ പക്ഷെ പൊതുവെ അന്നും നടന്നിരുന്ന എന്താണ് ബ്രാഹ്മണന്റെ അടുത്താണ് എല്ലാവരും പഠിക്കാൻ പോകുന്നത് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ ശങ്കരകാർക്കൊരു ക്ഷീണമായി പോയി ഏതത്തിൽ ഇങ്ങനെ പറഞ്ഞെന്താണ് ബ്രാഹ്മണന്റെ അടുത്താണ് എല്ലാരും വിദ്യ പഠിക്കാൻ പോകുന്നത് പക്ഷെ ഇപ്പൊ ക്ഷത്രിയന്റെ അടുത്ത് വന്നു ശങ്കരായ ഭാഷ എഴുതി എന്താണ് ഇന്ന് ക്ഷത്രിയന്റെ അടുത്ത് ആരെങ്കിലും വിദ്യ പഠിക്കാൻ പോയാലും പഠിക്കാൻ പോകുന്ന ശിഷ്യനായിരിക്കും അവിടെ ഗുരു ഭാഷ എഴുതി വെച്ച് എഴുതി വെച്ചിരിക്കാണ് ഭാഷയത് പഠിക്കാൻ ചെല്ലുന്ന ആരായിരിക്കണം ഇങ്ങനെയൊക്കെ ഭാഷ എഴുതി വെച്ച മൂല്യങ്ങൾ എവിടെയാണുള്ളത് എവിടെയാ സത്യമുള്ളത് എന്നൊക്കെ അങ്ങനെ ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റും ഒന്നും പറയാൻ പറ്റില്ല ഇന്ന് പറയുന്നു ഇഷ്ട ശക്തി യജ്ഞേ അവനവന്റെ ശക്തി അനുസരിച്ച് യജ്ഞങ്ങൾ ചെയ്യണം എന്നിട്ട് മനോമോക്ഷെ നിവേശിക്കുന്നു മനു പറഞ്ഞിരിക്കുകയാണ് മനസ്സ് മനസ്സിന്റെ മോക്ഷത്തിൽ പ്രവേശിപ്പിക്കുന്ന അവിടെ ഒരു ക്രമമുണ്ട് അധീത്യവിധിവത് വേദാൻ ബ്രഹ്മചര്യം പുത്രാംശ ഉത്പാദ്യ ധർമ്മദ ഗൃഹസാശ്രം ഇഷ്ടക്തിജ്ഞേർ അനപ്രസ്ഥം മനോമോക്ഷെ ചില ചെറിയ ചെറിയ കർമ്മങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ട് ഇതും അനധീത്യ ദ്ജോ വേദാൻ ദിജൻ എന്ന് പറയുന്നത് ബ്രാഹ്മണക്ഷേത്രം മൂന്ന് പേര് പക്ഷേ അതിൽ മനു ബ്രാഹ്മണന്റെ സന്യാസിനെ കുറിച്ച് പറയുന്നു ബാക്കിയുള്ളവരുടെ സന്യാസിനെ കുറിച്ച് പറയുന്നില്ല അനുപാദ്യ ആത്മജാൻ പുത്രന്മാരെ ഉണ്ടാക്കാതെ അവിടെ പ്രത്യേകിച്ച് മനു എപ്പോഴും പറയുന്ന എന്താണ് പുത്രന്മാരെ ഉണ്ടാക്കണം പുത്രിമാരെ ഉണ്ടാക്കാൻ പറയത്തില്ല മനസിലായ പുത്രന്മാര് മതി മനു ഏറ്റവും സ്ത്രീ വിരുദ്ധനാണ് ഇന്നത്തെ വഴി പറഞ്ഞ ബഹുജൻ സമാജ ബഹുജൻ സമാജ പാർട്ടി പാർട്ടി വിരുദ്ധനെന്നല്ല വിനയോ സ്ത്രീ വിരുദ്ധനുമാണ് സാറിന് പറയാനുണ്ടല്ലോ ബഹുജൻ ദളിത് അവരെ വിദ്വേഷിക്കുക മാത്രമല്ല ചെയ്യുന്നു സ്ത്രീകളോടും വലിയ വിരോധമാണ് അതുകൊണ്ട് പറയുമ്പോഴൊക്കെ എന്തുവേണം പുത്രന്മാരെ ഉണ്ടാക്കണം എന്നാണ് അതിന് പുത്രന്മാരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില സ്ത്രീ സംയോഗ വിധികൾ വരെ പറയുന്നുണ്ട് പുത്ര ഇങ്ങനെ തന്നെ ഉണ്ടാവണം അതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളാണ് അതൊരു കാര്യമില്ല എന്നാലും അതൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇതാ അനുപാദ്യ തഥ ആത്മജാൻ അതിന് പുത്രന്മാരെ ഉണ്ടാക്കി എന്നാൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ പുത്രനും പുത്രി ഉണ്ടാവും പുത്രൻ മാത്രമായിട്ടുണ്ടാവും കാരണം പുത്രനും പുത്രി ഉണ്ടായാലും ഇവരെ വംശന്ധനം കത്തുള്ളൂ പുത്രയില്ല പുത്രന്മാർ മാത്രം ഉണ്ടാവുക ഇവനെ വംശന്ധനം എന്നാലും ഒരു പുരുഷപക്ഷപാതം സ്ത്രീ വിരോധം ഒരിടത്തും പുത്രിയെ കുറിച്ച് പറയത്തില്ല പുത്രലാഭം എന്നാണ് പറയുന്നത് സുപുത്രവും അനുഗ്രഹിക്കുന്നൊക്കെ എങ്ങനെയാണ് നിനക്ക് നല്ല പുത്രൻ െ പുത്രി പറഞ്ഞാ വേണ്ടാത്തതാണ് എന്നുള്ള രീതിയിലാണ് എന്നാൽ പെണ്ണില്ലാതെ എങ്ങനെയാ അടുത്ത സന്തതി പരമ്പര ഉണ്ടാവാതെ ഇവർ ചിന്തിക്കുന്നേയില്ല പിന്നെ അനുഷ്ടജ്ഞങ്ങൾ ചെയ്യാതെ മോക്ഷത്തെ ആഗ്രഹിക്കുന്നവൻ അധപ്പതിക്കും ഇത് മനു പറഞ്ഞു ഇവിടെയും പറയുന്നത് എന്താണ് ബ്രഹ്മചര്യം അനുത്പാദ്യത ആത്മജ്ഞാന ഗർഭസ്ഥാശ്രമം അനുഷ്ഠാന മാനസ്പ്രസ്ഥാശ്രമം അത് കഴിഞ്ഞിട്ട് വേണമെന്ന് ചെയ്യാൻ മോക്ഷത്തെ ആഗ്രഹിക്കേണ്ടത് മനപറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് എന്താണ് പറയുന്നത് ഇതൊക്കെ പാഠക്രമത്തെ പറയാണ് ശ്രുതി അനുസരിച്ചായാലും സ്മൃതി അനുസരിച്ചായാലും പാഠക്രമം അനുസരിച്ച് ബ്രഹ്മചര്യം ഗർഗസ്ഥ്യം സന്യാസം പിന്നെ ഇന്നിപ്പോ ഈ പറയുന്ന സന്യാസം പോലെ ഒന്നും അല്ല മനു ഈ ബ്രാഹ്മണർക്ക് സന്യാസം എന്ന് പറയുന്നത് വളരെ ബുദ്ധിപൂർവ്വം ചെയ്താണ് മനസ്സിലായോ എന്താണ് അതിന്റെ ബുദ്ധിമുട്ട് അതായത് ബ്രഹ്മചാരിയായിരിക്കുമ്പോൾ ഇവന് എല്ലാ സൗകര്യങ്ങളും കിട്ടും സമൂഹത്തിൽ ഭിക്ഷ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബ്രാഹ്മണന് കിട്ടും ഗൃഹസ്ഥാശ്രമിയായിരിക്കുമ്പോഴോ അപ്പോഴും അവന് പുരോഹിതനാണ് സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ സുഖമായി ജീവിക്കുന്നത് ബ്രാഹ്മണനായിരിക്കും മറ്റുള്ളവരും സ്റ്റാറ്റസും മറ്റെല്ലാ കാര്യങ്ങളും ബ്രാഹ്മണനുണ്ട് വാനപ്രസ്ഥമായാലും അങ്ങനെ തന്നെ ഇവൻ കാട്ടിപ്പോയാലും കുഴപ്പമില്ല രാജാക്കന്മാർ പിറകെ പൊതിയും കെട്ടി അവിടെ ചെല്ലും നിങ്ങളെയൊക്കെ ആൾക്കാർ പൊതി കെട്ടി കാണാൻ വരാറില്ലേ കപ്പപ്പഴവും അതും ഇതുമൊക്കെ ആയിട്ട് ഏഹ് ഇത് മനു പറഞ്ഞുകൊണ്ടാണ് വരുന്നത് മനുവിനോട് നന്ദി വേണം ഇതൊക്കെയായിട്ട് വരുന്നത് മനു കഴുകി വെച്ചോണ്ടാണ് അപ്പൊ പിന്നെ സന്യാസിയായി കഴിഞ്ഞാലോ അപ്പോഴും ഇവൻ ഒരു പണിയും ചെയ്യാൻ വയ്യ കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല ഇവന് പിന്നെ വരുമാനം ഇല്ല ഇന്നത്തെ പോലെ ബാങ്കിന്റെ പരിശയ എടുക്കാൻ സമ്പാദ്യമൊന്നുമില്ല ഇവന് വയസ്സായി ഒന്നിനും കൊള്ളാതെ ഇവന്റെ മക്കളോ ബന്ധുക്കളോ ആരും നോക്കിയില്ലെങ്കിലും എന്തു ചെയ്യും അവിടെ സന്യാസംന്ന് പറഞ്ഞ് ഒന്ന് വെച്ചു എന്താണോ യത് വിഷ്ണുഹോ ലിംഗധാരണം സന്യാസംന്ന് പറഞ്ഞാ എന്താണോ അത് വിഷ്ണുവിന്റെ രൂപങ്ങൾ ധരിച്ചിരിക്കാണ് ഞാൻ പറഞ്ഞേ മുഖജാനാം അയം ധർമ്മോ യത് വിഷ്ണു ലിംഗധാരണം ബാഹുജാത ഊരിജാതാനാം നായം ധർമ്മോ പ്രശസ്തി കേട്ടിട്ടുണ്ടാ പറഞ്ഞത് ഇവിടെ ഞാൻ പറഞ്ഞിന് പറഞ്ഞിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഞാൻ പോയി തൂങ്ങി ചാവാൻ പോവാണ് അടി കുറഞ്ഞൊന്നും ചെയ്തിട്ട് കാര്യം കേട്ടിട്ടില്ല ഇവിടെ ഞാൻ പറഞ്ഞു ഇത് മുഖജാനോ അയം ധർമ്മോ മുഖത്തിൽ നിന്ന് ജനിച്ചവനാണ് ഈ സന്യാസ ധർമ്മം ഈ വിഷ്ണോ ലിംഗധാരണം വിഷ്ണുവിന്റെ അടയാളങ്ങൾ ധരിച്ചിരിക്കുക കാവ്യ കമണ്ടലും ദണ്ട് അവൻ വിഷ്ണു ആണ് ബാഹുജാത ഊരിജാതാനാ ബാഹുജാതനായ വൈശ്യനും ക്ഷത്രിയനും ഊരിജാതനായ വൈശ്യനും നായം ഈ ധർമ്മം പറഞ്ഞിട്ടില്ല ഈ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോ മറ്റുള്ളവർക്ക് ആർക്കും ഈ സന്യാസമില്ല എന്നുവെച്ചാ വയസ്സായവനും ഒന്നുമില്ലാതായാലും ശരി എവനെ സംരക്ഷിക്കാനും എവനെ വിഷ്ണു എന്ന് പറഞ്ഞവനെ സ്തുതിക്കാനും ആളുണ്ടാകും മനുവിന് മാത്രമേ വിവരം കേടുള്ളൂ വേറെ ഇതുപോലെ വിവരം കെട്ടന്മാര് വേറെ കിട്ടും വിവരക്കേടാണ് പറയാൻ ബുദ്ധിയെന്നും പറയാം ഇത് ഇങ്ങനെ എഴുതി വയ്ക്കാനൊരു ബുദ്ധി വേണ്ടേ അപ്പോൾ അത് ബുദ്ധി കൂടിയതുമാണ് എന്നാൽ വിവരക്കേടുമാണ് അപ്പൊ എങ്ങനെയായാലും ശരി എന്താണ് വയസ്സുകാലം പല സുഖജീവിതം അപ്പോ ഈ അടയാളങ്ങളൊക്കെ ധരിച്ചിരുന്ന വിഷ്ണുവിന്റെ ആൾക്കാർ പോയി പൂജിക്കും അതിനുവേണ്ടിട്ടാണ് ഈ സന്യാസം അല്ലാതെ സന്യാസം കൊണ്ട് വേറെ ഒരു പ്രയോജനവും ജോലിയാണ് സന്യാസം മാര് സന്യാസിമാരെ നോക്കുക എന്ന് പറയുന്ന അവരുടെ ചോദ്യം അപ്പൊ അല്ല ഇതുകൊണ്ട് എന്താ പ്രയോജനം മനോ എഴു വച്ചത് ബുദ്ധിപൂർവ്വം വയസ്സായ പണിയെടുക്കാൻ വയ്യാതിരുന്ന പഴയതിനേക്കാളും സുഖമായി ജീവിക്കാൻ വേണ്ടിട്ട് ഈ മനു കണ്ടുപിടിച്ചവര് ബുദ്ധി തന്നെയാണ് ഇത് ബുദ്ധിയല്ല എന്ന് പറയാൻ പറ്റില്ല അതാണ് ഈ സന്യാസം അതായത് ഇതിനകത്ത് വേറെ ഒരു കാര്യം ഒരു കഴമ്പുള്ള കാര്യം പക്ഷെ ഇങ്ങനെ ഒരു ഗുണമുണ്ട് എന്താണോ സുഖമായി വയസ്സായിട്ട് ആ അത് ശരി ഇതിന് മനുവിനെ നമസ്കരിച്ചോണ്ടേപ്പം ഏഹ് ഈ നാട്ടുകിടപ്പിച്ചാല് അനുചരണമാണ് പണ്ട് മനു ഇങ്ങനെ എഴുതി വെച്ച് നടപ്പിലാക്കി വന്നു കഴിഞ്ഞപ്പോ പിന്നീട് എന്ത് ചെയ്യും ശൂദ്രന്മാരും ഇതൊക്കെ ഇങ്ങോട്ട് അനുചരിച്ച് ഇപ്പൊ എല്ലാവർക്കും അതൊരു സൗകര്യമായി ജീവിക്കാനുള്ള സൗകര്യ ഏഹ് ആ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ കഥകള് ഈ കഥകൾ കൂടെ മനസ്സിലാക്കണം വെറുതെ ഇത് പഠിച്ച പോലെ പിന്നെ പുത്രം ഉണ്ടാകാന്ന് പറയും പുത്ര പറയത്തില്ല എന്നാ ഞന്മാർക്കെല്ലാം പെണ്ണുങ്ങൾ വേണമെന്നാണ് പെണ്ണുങ്ങളെല്ലാവർക്കും ജീവിക്കത്തില്ല എന്നാ പുത്രനെ അനുഗ്രഹിക്കത്തുള്ളൂ അപ്പൊ ഈ പെണ്ണുങ്ങൾക്ക് അവിടെ പോകും പുത്രനെ അനുഗ്രഹിച്ചു കൃഷിമാരെന്നല്ലേ പറയുന്നു ഇപ്പൊ പെണ്ണുങ്ങളോട് കൂടി ജീവിക്കുന്നവരാണല്ലോ പിന്നെ ഏഹ് എല്ലാവരും അവരൊക്കെ ആയി ജീവിച്ചത് അവർക്കല്ല അവരൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല നെയ്യൊക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിച്ച് എന്തോ നെയ്യ് കളിക്കുന്നു അത് ഋഷിയുടെ നീ മഴക്കുണ്ടാക്കി അത് മഹാഭാരതത്തിൽ മഹാഭാരതത്തിന് ഉം അത് വേറെ വിഷയം അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ വിഷയം മാറും ഇത് തന്നെ ഒരുപാട് ചർച്ച ചെയ്യാറുണ്ട് ഇതിന്റെയൊക്കെ എന്താണ് ഉള്ള കള്ളി പൊറത്തെടുക്കണം എന്താണ് ഏ ഇതിന്റെ സംഗതികൾ പുറത്തു കൊണ്ടുവരണം ഇതെങ്ങനെയാണ് ആൾക്കാരെ പറ്റിച്ചത് മൊത്തം തട്ടിപ്പ് സമ്പ്രദായം എന്നുള്ള കാര്യം പുറത്തു കൊണ്ടുവരണം ശരി തൊണ്ട കടക്കും മൂന്നാമില്ല മൂന്നാം മൂന്ന്